പ്പെട്ടവരെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ മുപ്പത്തിരണ്ടില് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവീക സത്യങ്ങൾക്കെതിരെ പലതരത്തിലുള്ള ആ നിലയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നതും ഈ ദൈവീക സത്യങ്ങളെ തമസ്കരിക്കുന്നതുമൊക്കെയായ ധാരാളം എതിർപ്പുകൾ ചിന്താലോകത്ത് കടന്നു വരുകയാണ് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ യുവാക്കളുമൊക്കെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ദൈവീകതയ്ക്കെതിരെയുള്ള ചിന്തകളോട് എക്സ്പോസ്ഡ് ആണ് അവർ അത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് പോകരുത് എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു വലിയൊരു ആവശ്യമാണ് അതുപോലെ തന്നെ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇതിനെക്കുറിച്ച് വളരെ പ്രാഥമികമായ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കുക അവിടെ പത്രോസ് പറയുന്നു നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരുപ്പി അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഈ സത്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് അതിൻ്റെ ന്യായങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ന്യായങ്ങൾ ചോദിക്കുന്ന ആളുകളോട് നമ്മൾ പ്രതിവാദം പറവാന് എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതൊരു കല്പന പോലെ തന്നെ ആണിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുങ്ങിയിരിപ്പി എന്ന് പറഞ്ഞിരിക്കുക മറുപടി പറയുന്നത് പക്ഷേ സൗമ്യതയും വയഭക്തിയും പൂണ്ടാവണം പക്ഷെ മറുപടി പറയണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു ധാരണ അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ദിവസങ്ങളിൽ ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാഥമികമായ ഒരു ധാരണ നമുക്കും ഉണ്ടാവണമെന്ന് ചിന്തിച്ച് ഈ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ദൈവവചനം അതിനെക്കുറിച്ച് പറയുകയായിരുന്നു നമുക്കിന്ന് ദൈവം ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന ദൈവം ആ ദൈവസങ്കല്പം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം നമ്മൾ ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് അത് ത്രീ ഏകത്വമാണ് അതായത് ത്രി ഏകത്വം നമ്മളിത് കേട്ടിട്ടുണ്ടാവും ട്രിനിറ്റി ത്രിത്വം എന്നൊക്കെ പറയുന്ന ത്രി മൂന്ന് പേരാണ് അപ്പോൾ തന്നെ അവർ അതിൻ്റെ സത്തയിലെ ഒരാളാണ് ഇതാണ് ത്രി ഇത് സാധാരണഗതിയിൽ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പല നിലയിൽ തെറ്റായിട്ട് ചിത്രീകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വന്നിട്ടുണ്ട് ഇന്നത് ഏറെ സജീവമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുമൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ത്രിയേകത്വം ട്രിനിറ്റി എന്നത് എന്താണ് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ നോക്കുക ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിലില്ല ട്രിനിറ്റി എന്നൊരു വാക്ക് ത്രീയേകത്വം എന്നൊരു വാക്കില്ല ഒരു വാക്കില്ല എന്ന് വെച്ച് ആ സത്യങ്ങൾ ഇല്ലാതാവുകയില്ല ഉദാഹരണത്തിന് രണ്ടാം വരവ് സെക്കൻഡ് കമ്മിങ് അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ ഇല്ല പക്ഷെ അതിൻ്റെ അർത്ഥം കർത്താവ് രണ്ടാമത് വരികയില്ലന്നാണോ അല്ല എന്ന് പറഞ്ഞതുപോലെ ഈ സത്യങ്ങള് ഇങ്ങനെ ഒരു വാക്കില്ലെങ്കിലും ആ സത്യങ്ങള് മൂന്ന് പേര് മൂന്നാളത്വങ്ങള് അത് സാരാംശത്തിൽ ഒന്നാണ് എന്ന് പറയുന്ന ചിന്തയാണ് ദൈവത്തെ സംബന്ധിച്ച് ബൈബിള് മുന്നോട്ട് വയ്ക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് അല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കത്തക്കവണ്ണം നമ്മോട് ന്യായം ചോദിക്കുന്നവരോട് പ്രതിവാദം പറയത്തക്കവണ്ണം ഒരുങ്ങിയിരിപ്പീൻ നമ്മൾ വായിച്ച ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ചുമായിട്ട് ചേർത്ത് നമ്മൾ അത്യാവശ്യ വിവരങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ നോക്കുക ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് മൂന്ന് ആളത്വങ്ങളാണ് മൂന്ന് പേഴ്സണാലിറ്റികളാണ് ഈ മൂന്ന് ആളത്വങ്ങൾ സാരാംശത്തിൽ ഒന്നാണ് ഈ സാരാംശം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ സത്തയിൽ അതിൻ്റെ ദൈവീകതയിൽ അതിൻ്റെ സബ്സ്റ്റൻസിൽ ഒന്നാണ് മൂന്ന് പേഴ്സണാലിറ്റികൾ അവ ചേർന്ന് ഒരു ഒരു സാരാംശത്തിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഒരു ഏകദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഏകദൈവം മൂന്ന് ആളത്വങ്ങളുണ്ട് ഏ ഏകദൈവം ഒരേ ഒരു ദൈവം ആ ദൈവം മൂന്നാളത്വങ്ങളിൽ ഉണ്ട് ഈ മൂന്നാളത്വങ്ങളും അവരും ദൈവങ്ങളാണ് തുല്യതയുള്ളവരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതിൽ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യത മുതൽ വ്യത്യസ്ത ആളത്വങ്ങളാണ് പക്ഷേ ഇവ പ്രവർത്തനത്തിൽ ഒരു പോലെ ഒരു ദൈവമായിട്ട് സത്തയിൽ ദൈവീകതയിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു ഇതാണ് ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥത്തിലുള്ള ത്രിയേകത്വം ഇത് നമുക്ക് വിശദമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം ഒന്ന് നമ്മൾ പറഞ്ഞു ഏകദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ആവർത്തന പുസ്തകം ആറാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നോക്കുക ആവർത്തനം ആറിൻ്റെ നാല് ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ യഹോവ ഏകൻ തന്നെ അപ്പം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഓർക്കണം പഴയ നിയമവും പുതിയ നിയമവും കൂടെ അടങ്ങുന്ന അറുപത്താറ് പുസ്തകങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇത് കേവലം ഇസ്രായേലിന് മാത്രമുള്ള ഒരു കാര്യമായിട്ട് യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് ഇസ്രായേലിൽ കേൾക്കുക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ഏകനാണ് ഏകനാണ് അതുകൊണ്ട് നമ്മൾ ഈ ബൈബിൾ വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ എടുത്തുദ്ധരിച്ചാണ് നമ്മുടെ ആ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കുന്നത് ആവർത്തനം ആറിൻ്റെ നാലാണ് നമ്മൾ വായിച്ചത് അവിടെ ദൈവമേകനാണെന്ന് പറഞ്ഞിരിക്കും മറ്റൊരു വാക്യം കൂടെ നോക്കുക മലാഖിയുടെ പുസ്തകം രണ്ടാമത്തെ ആയ അതിൻ്റെ പത്താമത്തെ വാക്യം അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നു നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് അവിടെ കണ്ടോ മലാഖി രണ്ട് പത്ത് ഒരു ദൈവം ഒരു ദൈവം ആവർത്തനം ആറ് നാല് യഹോവ ഏകൻ മലാഖി രണ്ട് പത്ത് ഒരു ദൈവം അപ്പോൾ ദൈവം നമ്മൾ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണ് പക്ഷേ ഈ ഏകദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവവചനത്തെ വിശ്വസിച്ച് ബൈബിള് വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ ബഹുവചനപരമായ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് ദൈവമേകനാണെങ്കിൽ ഏകവചനത്തിലല്ലേ ദൈവത്തെ കുറിച്ച് പറയേണ്ടത് പക്ഷേ ദൈവമേകനാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ട് നമ്മൾ ബൈബിളിലെ മറ്റു ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തെ പരാമർശിക്കുമ്പോൾ അവിടെ പ്ലൂറലിലാണ് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്ന് നോക്കുക ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇവിടെ മൂലഭാഷയിൽ അല്ലെങ്കിൽ എബ്രായി ദൈവം എന്നുള്ളത് ബഹുവചനത്തിലാണ് ഏലോഹീം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദിയിൽ ദൈവം ദൈവമൊന്നും നമ്മൾ മലയാളത്തിൽ കാണുന്നു ഗോഡെന്ന് ഇംഗ്ലീഷിൽ കാണുന്നു പക്ഷേ മൂലഭാഷയിൽ ദൈവത്തിൻ്റെ ബഹുവചന രൂപമാണ് ഏലോഹീം അപ്പോൾ ദൈവം ഏകനാണെന്ന് വായിച്ചിട്ട് നമ്മൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് നോക്കുമ്പോൾ അവിടെ ദൈവത്തെ ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇനി നോക്കുക ഉല്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ അവിടെ ദൈവം പറയുകയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം നാം നമ്മുടെ നമ്മുടെ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ് അപ്പോൾ ഒന്നിലേറെ പേരുള്ളതുപോലെയാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറിൽ നമ്മൾ കാണുന്നത് അതുപോലെ ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് നോക്കുക യഹോവയായ ദൈവം മനുഷ്യൻ നന്മന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെപ്പോലെ ആയിത്തീർന്നിരിക്കും അവിടെയും ദൈവത്തെക്കുറിച്ച് ബഹുവചന രൂപത്തിൽ നാം നമ്മിൽ ഒരുത്തനെപ്പോലെ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നിൻ്റെ ഏഴ് നോക്കുക വരുവി നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് ദൈവം അരളി ചെയ്തു അതായത് ബാബേൽ ഗോപുരം പണിയുന്നവരുടെ ഭാഷ കലക്കിക്കളയാനായിട്ട് ദൈവം ഇറങ്ങി വരുന്ന സന്ദർഭമാണ് അവിടെ പറയുന്നു നാം ഇറങ്ങിച്ചെന്ന് അവിടെയും ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം ദൈവം ഏകനാണെന്നും ദൈവം ഒന്നാണെന്നും ഏകനാണെന്ന് നമ്മൾ ആവർത്തനം ആറിൻ്റെ നാല് മലാഖി രണ്ട് പത്ത് എന്നിവിടെ വായിച്ചു പക്ഷെ ബൈബിളിലെ നമ്മളിപ്പോൾ പറഞ്ഞ വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ദൈവത്തെ ബഹുവചന രൂപത്തിലാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഏകനാണ് പക്ഷേ ബഹുവചന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഇത് നമുക്ക് തുടർന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബഹുവചന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബഹുവചന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നതിന് കാരണം സത്തയിൽ ഏകനാണെങ്കിലും മൂന്ന് ആളത്വങ്ങൾ ഉള്ളത് മൂന്ന് പേഴ്സണാലിറ്റികൾ ഉള്ളത് ഈ ബഹുവചന രൂപത്തിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പോൾ വായിച്ച ഭാഗങ്ങളിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആ ഭാഗങ്ങൾ വീണ്ടും നമുക്ക് നോക്കുകയും ഈ മൂ ഈ ആളത്വങ്ങൾ ആരൊക്കെയാണ് എന്ന് തുടർന്നും നോക്കുകയും ചെയ്യാം ഏക ആളത്വ ഏക ആ നിലയിൽ സാരാംശത്തിലുള്ള ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുകയായിരുന്നു അതുകൊണ്ടാണ് മ്മുടെ എന്നൊക്കെ ബഹുവചന രൂപത്തിൽ പറഞ്ഞത് ആട്ട ഈ മൂന്നാളത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം ഒന്ന് കോരിന്ത്യർ എട്ടിൻ്റെ ആറാമത്തെ വാക്യം ഒന്നുകോരിന്ത്യർ എട്ടിൻ്റെ ആറ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു അപ്പോൾ ഈ ഏകദൈവത്തിൽ ദൈവം ഏതാണെന്നാ ഒന്ന് കോരിന്ത്യർ എട്ടിൻ്റെ ആറ് പറയുന്നത് പിതാവാണെന്ന് പറയുന്നു യശയ്യാവ് ഒൻപതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ നമ്മൾ നോക്കുക അവിടെ പറയുന്നു യേശുവിനെക്കുറിച്ച് അവിടെ പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവന് അത്ഭുത മന്ത്രി ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു പേർ വിളിക്കപ്പെടും യശയ്യാവ് ഒൻപത് ആറ് ഏഴ് അവിടെ കണ്ടോ ഇവിടെ യേശുവിനെക്കുറിച്ചാണ് പുത്രനെക്കുറിച്ചാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം അപ്പോൾ പുത്രനാണ് രണ്ടാമത്തേത് അല്ലെങ്കിൽ മറ്റൊരാള് ആ പുത്രനും ദൈവമാണ് നമ്മൾ നമുക്ക് വേണമെങ്കിൽ പുത്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവമാണോ എന്നുള്ളതാണ് അമിത പലരും അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് യേശുവിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്ന വേറെ രണ്ട് മൂന്ന് ഭാഗങ്ങളിലൂടെ വളരെ വേഗത്തിലൊന്ന് നോക്കാം എബ്രായർ ഒന്നിൻ്റെ എട്ട് എബ്രായർ ഒന്നിൻ്റെ എട്ട് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നു എന്നേക്കുമുള്ളത് കണ്ടോ എബ്രായർ ഒന്നിന്റെ പുത്രനോടോ യേശുവിനോടോ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് എന്താ ദൈവമേ നിന്റെ സിംഹാസനം അപ്പൊ പുത്രനെ ദൈവം എന്നവിടെ വിളിച്ചിരിക്കുന്നു യോഹനൻ ഒന്ന് ഒന്നാം അധ്യായം ഒന്നിൻ രണ്ടും വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനമെന്നവിടെ പറയുന്നത് യേശുവിനെക്കുറിച്ചാണെന്ന് നമുക്കറിയാം കാരണം യോഹന്നാൻ ഒന്നിൻ്റെ പതിനാല് പതിനഞ്ചിൽ വചനം ജഡമായി തീർന്നു അവൻ നമ്മുടെ ഇടയിൽ പാർത്തു നമ്മൾ അവൻ്റെ തേജസ് കണ്ടു യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്നൊക്കെയാണ് യോഹന്നാൻ ഒന്നിൻ്റെ പതിനാല് പതിനഞ്ചിൽ പറയുന്നത് അപ്പോൾ അവിടെ വചനമെന്ന് പറഞ്ഞേക്കുന്നത് യേശുവാണെന്ന് വ്യക്തമാണല്ലോ അപ്പോൾ യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ യേശു ദൈവമായിരുന്നു പുത്രൻ ദൈവമാണ് അതുപോലെ യോഹന്നാൻറെ ഇ ഇരുപതിൻ്റെ ഇരുപത്തെട്ടില് തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളൂവേ മൈ ലോഡ് മൈ ഗോഡ് അവിടെയും യേശുവിനെ ദൈവം എന്ന പറഞ്ഞിരിക്കുന്നു അപ്പോ നമ്മളെ ഈ ആളത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ഒന്നുകൂലിൻ്റെ റിട്ടിൻ്റെ ആറിൽ പിതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പുത്രനെ ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കൊരു വാക്യം നോക്കാം അപ്പോസ്ലെ പ്രവൃത്തി അഞ്ചിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ആ ഭാഗം അനന്യാസ് സഫീറയും കൂടെ നിലം വിറ്റിട്ട് കുറെ പണം ഒളിച്ചു വെച്ച് കഴിഞ്ഞ് പത്രോസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പത്രോസ് പറയുന്ന വാക്യങ്ങളാണ് അഞ്ചിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താ ഹൃദയം കൈവശമാക്കിയത് അടുത്ത വാക്യം മനുഷ്യരോടല്ല ദൈവത്തോടത്രയെ നീ വ്യാജം കാണിച്ചത് അപ്പോ അഞ്ചിന്റെ മൂന്നില് പറയുന്നു പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചെന്ന് അഞ്ചിന്റെ നാലിൽ പറയുന്നു ദൈവത്തോട് വ്യാജം കാണിച്ചെന്ന് അപ്പോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ് മനസ്സിലായോ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചെന്ന് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തോട് വ്യാജം കാണിച്ചെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു അപ്പൊ അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവമാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് മൂന്ന് ഈ നിലയില് ദൈവത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങൾ നോക്കുമ്പോൾ പിതാവിനെ കുറിച്ചും പുത്രനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്യാം ദൈവം ഏകനാണ് പക്ഷെ ആ ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങളുണ്ട് ആ മൂന്ന് ആളത്വങ്ങൾ ഓരോരുത്തരും ദൈവം തന്നെ അവരെ വിളിച്ചിരിക്കുന്നു അവര് മൂന്ന് പേരേ ഉള്ളൂ അവർ യഥാക്രമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്ന് നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മളതാണ് കണ്ടത് നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇവർ മൂന്ന് പേരാണ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരും ഒന്നിച്ചു വന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ മത്തായി മൂന്ന് പതിനാറ് പതിനേഴ് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി കണ്ടോ ഇവിടെ ഈ തൃത്വം മുഴുവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിക്കുന്ന ഒരു രംഗമാണ് ഒരേ സംഭവത്തിൽ ഒന്നിച്ചു വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് യേശു സ്നാനമേൽക്കുന്നു യേശു ആരാണ് പുത്രൻ അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്നപോലെ ഇറങ്ങി വന്നു അതാരാണ് പരിശുദ്ധാത്മാവ് അപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി ഈവൻ എന്റെ പ്രിയ പുത്രൻ പുത്രൻ എന്ന് പറയണമെങ്കിൽ അത് പിതാവാണ് അപ്പൊ നോക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് ആ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒന്നിച്ച് ഒരു സന്ദർഭത്തിൽ വരുന്നതാണ് മത്തായി മൂന്ന് പതിനാറ് രണ്ട് കോരിന്തർ പതിമൂന്നിൻ്റെ പതിനാല് നോക്കുക അവിടെ പൗലോസ കൊരിന്തലേഖനം രണ്ടാം കുരിന്തിലേഖനം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു ആശീർവാദവാക്യമായിട്ട് പറയുന്നു കർത്താവായി യേശു കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ അപ്പൊ അവിടെ യേശു ക്രിസ്തു വന്നു പിതാവ് വന്നു പരിശുദ്ധാത്മാവ് വന്നു ഈ മൂന്ന് പേരേ ഉള്ളൂ ഈ മൂന്ന് പേര് മാത്രമേ ആ ദൈവം ആ ആളത്വത്തിൽ ഉള്ളൂ വേറെ ഒരാളില്ല എന്ന് തന്നെയല്ല ഇവരെ മൂന്ന് പേരെയും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ അപ്പൊ തൃത്വ ത്രിയേകത്വം വ്യക്തമാകുന്ന മറ്റൊരു സന്ദർഭമാണ് രണ്ടു കോരിന്ത്ര് പതിമൂന്ന് പതിനാല് അതുപോലെ തന്നെ ഈ മൂന്ന് പേരും ഈ മൂന്ന് പേര് മൂന്നാളത്വം ആണെന്ന് പറയുമെങ്കിലും മൂന്ന് പേരും അതിൻ്റെ സത്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റൻസിൽ ഒന്ന് അല്ലെങ്കിൽ ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്ന് നമ്മൾ നേരത്തെ വായിച്ചല്ലോ ആദിയിൽ ദൈവം ഏലോഹി ബഹുവചനത്തിൽ പറഞ്ഞു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇത് ഈ വാക്യം എബ്രാഹിലെ ഇങ്ങനെയാണ് അവിടെ ആദിയിൽ ദൈവം ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പൊ ബഹുവചനത്തിൽ പറയുമ്പം അവിടെ എന്ത് വേണം ക്രിയാപദവും ബഹുവചനത്തെയും വേണം മലയാളത്തിൽ നിന്ന് വ്യത്യാസമാണത് നാമം അങ്ങനെ ആകുമ്പോൾ ക്രിയാപദവും ആദ്യ രൂപത്തിൽ തന്നെ വേണം അതായത് ആദിയിൽ ദൈവം എന്നുള്ളത് ബഹുവചനത്തിലാണെങ്കിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ആ പ്രവൃത്തിയും ബഹുവചനത്തെയും വേണം പക്ഷേ നമ്മൾ ആ എബ്രായ ഭാഷയിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നില് അവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് സിങ്കുലറിലാണ് ബാറ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഏലോഹി എന്ന ബഹുവചനത്തെ ബാറ എന്ന സിംഗുലറിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ കർത്താവ് ആ പ്രവൃത്തി ചെയ്ത കർത്താവ് ഒന്നിലേറെ പേരുണ്ടെങ്കിലും ആ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പ്രവൃത്തി സിംഗുലറാണ് അതിൻ്റെ അർത്ഥം എന്താ അവരെല്ലാവരും ഒന്നാണ് എന്നാണ് അത് വ്യക്തമാക്കുന്നത് ഏലോഹീം എന്ന പ്ലൂറാലിറ്റി ബാറ എന്ന സിംഗുലർ പദത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അതുപോലെ മറ്റൊന്ന് നോക്കുക മത്തായി ഇരുപത്തെട്ടിൻ്റെ പത്തൊൻപത് കർത്താവിൻ്റെ തന്നെ വാക്കുകളാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളി കണ്ടോ ഇവിടെ എത്ര പേരുണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവ് അപ്പം ഈ മൂന്ന് പേരുടെ കാര്യം പറയുമ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമങ്ങളിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് ബഹുവചനത്തിൽ പറയണ്ടേ പക്ഷെ അവിടെ നാമത്തിൽ എന്ന് ഏകവചനത്തിലാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ നേരത്തെ നമ്മൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനെ പറഞ്ഞതുപോലെ മത്തായി ഇരുപത്തെട്ട് പത്തൊൻപതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ഒരൊറ്റ നാമമേ ഉള്ളൂ അത് സിങ്കുലറിലാണ് പറഞ്ഞിരിക്കുന്നത് ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും മൂന്നാളത്വങ്ങളും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇവരെ മൂന്ന് സ്വതന്ത്ര വ്യക്തികളാണ് പക്ഷേ മൂന്ന് സ്വതന്ത്ര വ്യക്തികൾ ഒരൊറ്റ ദൈവമാണ് മൂന്ന് വ്യക്തികളും സാരാംശത്തിൽ അതിൻ്റെ സത്തയിൽ സബ്സ്റ്റൻസിൽ ഒന്ന് തന്നെയാണ് മൂന്ന് വ്യക്തികൾ മൂന്നു പേരും സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചാൽ എന്തോ സംഭവിക്കും മൂന്ന് വ്യക്തികളുണ്ട് പക്ഷെ അവർ മൂന്ന് പേരും സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചാൽ ബഹുദൈവത്വമായി പോകും ബഹുദൈവത്വമായി പോവും പക്ഷേ നമ്മളിവിടെ കണ്ട ബൈബിളിൽ ബഹുദൈവത്വമല്ല മൂന്ന് പേരും മൂന്നായിട്ട് പ്രവർത്തിക്കുകയല്ല മൂന്ന് വ്യക്തികൾ മൂവരും ഐക്യത്തിൽ ഒന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇത് ത്രിയേകത്വമാണ് ഇങ്ങനെ വേറൊരിടത്തിൽ വേറൊരു മതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല ഇവിടെ മൂന്ന് ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയും ത്രീസ് ത്രീ ഹൂസ് ഇൻ വൺ വാട്ട് എന്ന് വെച്ചാൽ ആരാണ് മൂന്ന് ഹൂ പിതാവ് പുത്രൻ പരിശുദ്ധാൽ ഹു ഹൂഹുട്ടെന്ന് ചോദിച്ചാലോ എന്തെന്ന് ചോദിച്ചാലോ ദൈവം ദൈവം അപ്പൊ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാൽമാവ് ദൈവമാണ് മൂന്ന് ഹൂ ചേർന്ന് ഒരു വാട്ട് അല്ലെങ്കിൽ ത്രീ പേഴ്സൺസ് ഇൻ വൺ ബി മൂന്ന് വ്യക്തികള് ഒരൊറ്റ സത്തയിൽ ഇതാണ് ത്രിയേകത്വം ഇങ്ങനെ മറ്റൊരിടത്തില്ല പ്രിയപ്പെട്ടവരെ ത്രിയേകത്വം എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിലും ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ ഈ വാക്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ദൈവമേകനാണ് പക്ഷേ മൂന്നാളത്വങ്ങളുണ്ട് ആ മൂന്നാളത്വങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് അവരെ ഏക സത്തയിൽ ഏ ഏക നെൽ സാരാംശത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിട്ട് നാമം എന്ന ഏകവചനം പറഞ്ഞിരിക്കുന്നത് ദൈവങ്ങൾ ദൈവം ആദിയിൽ ദൈവം ഏലോഹീം എന്ന എബ്രായ പഥത്തിൽ ബഹുവചനത്തിൽ പറഞ്ഞിട്ട് സൃഷ്ടിച്ചു എന്ന് ആ ക്രിയാപഥം സിംഗുലറിൽ ബാറ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം മൂന്നാളത്വങ്ങൾ സാരാംശത്തിൽ ഒന്ന് അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് ത്രീ ഇങ്ങനെ ഒരു ദൈവത്തെയാണ് ബൈബിള് വെളിപ്പെടുത്തുന്നത് ഇതാണ് ശരിയായ കാഴ്ചപ്പാട് പ്രിയമുള്ളവരെ നമ്മൾ ത്രി ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം മൂന്നാളത്വം ഉണ്ടെന്നും ഈ മൂന്നാളത്വം സാരാംശത്തിൽ ഒന്നാണെന്നും ഒക്കെ ഇങ്ങനെ ത്രി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ മിക്കവരും കരുതുക ഇതൊന്നും നമുക്ക് സാധാരണ വിശ്വാസികൾക്ക് പ്രസക്തമായ കാര്യമൊന്നുമല്ല ഇത് ഒക്കെ വല്ല ബൈബിൾ കോളേജിലോ ഒക്കെ ഉള്ള പണ്ഡിതന്മാർ ചേർന്ന് നടത്തേണ്ട എന്തോ വലിയ ബുദ്ധിപരമായ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തലനാരിഴ കീറി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മാത്രമാണ് പ്രസക്തം നമ്മളെപ്പോലുള്ള സാധാരണ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു റെലവൻസ് ഇല്ല ഒരു പ്രസക്തി എന്ന് നമ്മൾ കരുതിപ്പോകും നമ്മൾ അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഇത് നമ്മുടേതല്ല എന്ന് കരുതും എന്നാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ത്രിയേകത്വം എന്ന ഈ ഉപദേശത്തിന്മേലാണ് നമ്മുടെ രക്ഷ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വേണ്ടത്ര നമ്മളൊരു സാധാരണ വിശ്വാസി ആണെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ടായില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മറ്റുള്ളവർ ന്യായം ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞു നിൽക്കാനൊക്കാതെ പോകും നമുക്ക് നമ്മുടെ രക്ഷ ദൈവം തന്നത് എത്ര വലിയ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനൊക്കാതെ പോകും അതുകൊണ്ടൊക്കെ നമ്മളെ സംബന്ധിച്ചും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യത്തെക്കുറിച്ചാണ് അവസാനമായിട്ട് നമ്മളെ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞു വന്നല്ലോ ഇത് പലപ്പോഴും നമ്മൾ സാധാരണ വിശ്വാസിക്ക് എന്തിനാണ് എന്ന് ചിന്തിക്കും നമ്മൾ ഓർക്കുക ഇത് സ്നേഹത്തോടും ദൈവത്തിൻ്റെ നമ്മളോടുള്ള തിരഞ്ഞെടുപ്പിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ഒന്നിയോഹന്നാനിൽ നാലാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം സ്നേഹമാണെന്ന് ഒന്നിയോഹന്നാൻ നാലിൻ്റെ പതിനാറിലും ദൈവ സ്നേഹം തന്നെ എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അസ്തിത്വം സ്നേഹത്തിലാണുള്ളത് അപ്പോൾ സ്നേഹിക്കുന്നവനാണ് ദൈവം ആ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച് അതിനുശേഷമാണോ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടായത് അല്ല ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കഴിഞ്ഞകാല നിത്യത ആ നിത്യതയിലും ഈ ത്രിയേകത്വം ഉണ്ടായിരുന്നു അവർ അവർ അന്നേ സ്നേഹമായിരുന്നു സ്നേഹത്തിനൊരു പ്രത്യേകതയുള്ളത് ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ സ്നേഹമില്ല എന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറയുന്നത് പകരപ്പെടലാണ് പങ്കുവെക്കപ്പെടലാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തെ കൊഴുകലാണ് അങ്ങനെ വേണമെങ്കിൽ ഒന്നിലേറെ പേര് വേണം അപ്പം ദൈവം സ്നേഹമാണ് എന്ന് ദൈവത്തെ ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ നിർവചിക്കുമ്പോൾ ദൈവം കഴിഞ്ഞകാല നിത്യതയിൽ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കഴിഞ്ഞകാല നിത്യതയിൽ ഉണ്ടായിരുന്നല്ലോ അവിടെയും ദൈവം സ്നേഹമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം പങ്കുവയ്ക്കപ്പെടണം പങ്കുവയ്ക്കപ്പെട്ടത് എങ്ങനെയാണ് പങ്കുവെക്കപ്പെട്ടത് ആ ആളത്വങ്ങൾ തമ്മിലാണ് ത്രിയേകത്വത്തിലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ ആളത്വങ്ങൾ തമ്മിലാണ് സ്നേഹം പങ്കുവെക്കപ്പെട്ടത് അങ്ങനെ ദൈവം സ്നേഹമാണെന്നുള്ളത് അന്നേ കഴിഞ്ഞകാല നിത്യതിൽ തന്നെ ഒരു യാഥാർത്ഥ്യമായി തീർന്നു നമ്മൾ ഇത് വെറുതെ പറയുന്നതല്ല യോഹനാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കുക അവിടെ പിതാവെ നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്ക കൊണ്ട് കർത്താവായി യേശു ക്രിസ്തു പറയുകയാണ് കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ നിത്യതയിൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയായിരുന്നു പുത്രനും പിതാവും പരിശുദ്ധാത്മാവുമായി സ്നേഹം പങ്കിടുകയായിരുന്നു നമ്മൾ പലപ്പോഴും വിചാരിക്കും പണ്ട് ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സില് ഒരു അധ്യാപകൻ ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട് അതായത് ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തോ എന്തോ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു സൺഡേ സ്കൂൾ കുഞ്ഞ് പറഞ്ഞു ആ ദൈവം നരകത്തെ സൃഷ്ടിക്കുകയായിരുന്നു അല്ലെങ്കിൽ വേറൊരു കുഞ്ഞ് പറഞ്ഞു സ്വർഗത്തിലെ പുതിയ മുറികൾ ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെയൊന്നും പറയാൻ നമുക്ക് ബൈബിളിൽ അതിന് അടിസ്ഥാനമൊന്നുമില്ല അങ്ങനെയല്ല കഴിഞ്ഞകാലം നിത്യതയിൽ ദൈവം എന്തായിരുന്നു ചെയ്തത് വരല് ചൂണ്ടുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ പതിനേഴ് ഇരുപത്തിനാല് പിതാവെ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്ക ലോകസ്ഥാപനത്തിന് മുമ്പ് ഈ ദൈവം ഈ ആളത്വങ്ങള് പരസ്പര സ്നേഹം പങ്കിട്ടു അങ്ങനെ മാത്രമേ ദൈവം സ്നേഹമാണ് എന്നുള്ള നിർവചനത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ അതിനു തീർച്ചയായിട്ടും ലോകത്തെ സൃഷ്ടിച്ചു നമ്മൾ പാപത്തില് വീണു ഈ മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവ് കാൽവറി ക്രൂശിൽ വന്ന് മരിച്ചപ്പോ നേരത്തെ കഴിഞ്ഞകാല നിത്യതയിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം ദൈവം സ്നേഹം തന്നെയാണ് എന്ന് പറഞ്ഞത് ഈ ക്രൂശില് പ്രദർശിപ്പിക്കുകയും വെളിപ്പെടുത്തുകയുമായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ് പ്രിയപ്പെട്ടവര് നമ്മള് ക്രൂശില് പ്രദർശിപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ വളരെ വലിയ ഒരു കാര്യമായിട്ട് കാണും അതാ കാരണം അത് നമ്മുടെ രക്ഷയെ അതിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ തുടക്കം അന്വേഷിച്ചു പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ തുടക്കം എവിടെയാണ് ദൈവം ആ അവിടുന്ന് കഴിഞ്ഞകാല നിത്യതയിൽ അവിടുന്ന് സ്നേഹമായിരുന്നു ആ സ്നേഹം പരസ്പരം പങ്കുവെച്ചു പരസ്പരം പങ്കുവെക്കണമെങ്കിൽ ദൈവത്വത്തിൽ ഒന്നിലേറെ ആളത്വങ്ങൾ ഉണ്ടായിരിക്കണം അതിന് ദൈവത്വത്തിൽ ഒരൊറ്റയാളത്വമേ ഉള്ളായിരുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ദൈവ സ്നേഹമാണ് എന്ന നിർവചനം ശരിയാകാൻ പോകുന്നില്ല കാരണം സ്നേഹമെന്ന് പറയുന്നത് പങ്കുവയ്ക്കപ്പെടലാണ് പകരപ്പെടലാണ് അതിലൂടെയാണ് സ്നേഹം പകരപ്പെടലിലാണ് സ്നേഹം സ്നേഹമാകുന്നത് അപ്പോൾ കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അന്നേ ഈ ദൈവത്വത്തിൽ മൂന്നാളത്വങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നിലേറെ ആളത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും ഈ ഒരു കാര്യം നോക്കുക നമ്മുടെ രക്ഷയുമായിട്ട് സ്നേഹത്തിന് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പം അവിടെ എവിടെ വരെ ചെല്ലും നമ്മൾ കഴിഞ്ഞകാല നിത്യതയിൽ ത്രീയേകത്വത്തിലാണ് അത് ചെ ചെന്നെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ത്രിയേകത്വം എന്നുള്ള ഉപദേശം കേവലം ബുദ്ധിപരമായ ഒരു ചർച്ചയായിട്ട് കാണരുതേ അത് നമ്മുടെ രക്ഷയുമായിട്ട് ക്രൂശിയിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ദൈവം ത്രിയേകത്വമായിരുന്നതിനാൽ നിത്യതയിൽ അന്യോന്യം സ്നേഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ആ കഴിഞ്ഞകാല നിത്യതയിൽ അവർ അന്യോന്യം ആശയവിനിമയം നടത്തുകയും അന്യോന്യം വെളിപ്പെടുത്തുകയും ചെയ്തു കാരണം നമുക്കൊരു വാക്യം നോക്കാം എഫ് എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായം നാലാമത്തെ വാക്യം അവിടെ നമ്മൾ നേരത്തെ യോഹന്യാൻ പതിനേഴ് ഇരുപത്തിനാലിൽ കണ്ട ലോക സ്ഥാപനത്തിന് നീ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാണ് എഫ് എ സി നാലിൽ പറയുന്നത് അപ്പോൾ ലോക മുൻപേ ദൈവത്തിലെ ഈ ആളത്വങ്ങൾ തമ്മിൽ പിതാവ് പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിന് മുമ്പേ അപ്പൊ അവർ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നു അന്യോന്യം വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഈ അന്യോന്യമുള്ള വെളിപ്പെടുത്തലിന്റെയും ആശയവിനിമയത്തിന്റെയും തുടർച്ചയും ഭാഗവുമായിട്ടാണ് ഒടുവിൽ ദൈവം ചെയ്തത് ഈ ലോകത്തെ സൃഷ്ടിച്ചതും കാല തികവിങ്കൽ നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ ആ നിലയില് ആ തനിക്കായിട്ട് നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുകയും സഭയുടെ ഭാഗമായി തീരുകയും ഒക്കെ ചെയ്തത് അപ്പം നോക്കുക ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യമാണ് ഒന്ന് ദൈവം സ്നേഹമാണ് എന്നുള്ളത് നമ്മളെ ക്രൂശിലെ കാണുന്നു അത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ത്രിയേകത്വം എന്ന ആ ഒരു കാര്യത്തിലേക്ക് ചെല്ലും കാരണം കഴിഞ്ഞകാല നിത്യതയിൽ ദൈവ സ്നേഹമാണെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം പങ്കുവയ്ക്കപ്പെടണം പങ്കുവയ്ക്കപ്പെടണമെങ്കിൽ ഒന്നിലേറെ പേര് വേണം അതുപോലെ തന്നെ ദൈവം നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്യുകയും അന്യോന്യമായ കാര്യങ്ങൾ ചിന്തിക്കുകയും വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം അതിൻ്റെ അങ്ങനെ ചെയ്തതിൻ്റെയും നമ്മളെ ലോക സ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തതിൻ്റെയും തുടർച്ചയും ഭാഗവുമായിട്ടാണ് കർത്താവ് എന്തു ചെയ്തത് നമ്മളെ ഈ ലോകത്തെ സൃഷ്ടിച്ചതാകട്ടെ നമ്മളെ സൃഷ്ടിച്ചതാകട്ടെ നമ്മളെ കാലാകാലങ്ങളിൽ രക്ഷയിലേക്ക് നടത്തിയതാകട്ടെ ഇതെല്ലാം അതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ നോക്കുക നമ്മൾ കേവലം ഈ ത്രിയേകത്വം എന്ന് പറയുന്നത് കേവലം ബുദ്ധിപരമായ ഒരു വ്യായാമം ബുദ്ധിപരമായ ഒരു ചർച്ച എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ രക്ഷയുമായിട്ടും ഈ ലോകത്തിൻ്റെ സൃഷ്ടി മനുഷ്യ സൃഷ്ടി നമ്മളെ രക്ഷയിലേക്ക് നടത്തിയത് ഇതുമായിട്ടെല്ലാം അഭേദ്യമാണം ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു നമ്മൾ ഇന്ന് ക്രൂശിലെ കർത്താവിൻ്റെ സ്നേഹം പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ തുടക്കം കഴിഞ്ഞകാല നിത്യതയിലാണ് ആ നാളത്വങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചിരുന്നു ത്രിയേകത്വം അങ്ങനെ അന്യോന്യം സ്നേഹം പങ്കുവയ്ക്കപ്പെടാനൊക്കെയുള്ളു അതുപോലെ തന്നെ ലോക മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു ഈ തൃത്വം ആ നിലയിൽ അവരന്യോന്യം വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ തുടർച്ചയും ഭാഗവുമായിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും നമ്മളെ കാലാകാലങ്ങളിലേക്ക് രക്ഷയിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ അപ്പോൾ എല്ലാ ഈ കാര്യത്തിലും നമ്മുടെ രക്ഷയാകട്ടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മളെ ഈ നിലയിൽ സഭയുടെ ഭാഗമാക്കി വെച്ചിരിക്കുന്നതാകട്ടെ ഇതിനെല്ലാറ്റിനും നമുക്ക് നന്ദി പറയാനുള്ളത് ഈ ത്രിയേകത്വം എന്നുള്ള ആ ഒരു കാര്യത്തോടാണ് നമ്മൾ അതിനെ ഇതിനെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ തുടക്കം അവിടെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം കാണുമ്പോൾ കർത്താവെ അവിടുന്ന് ത്രിയേകനായതിനായിട്ട് നന്ദി എന്നെ ആ തൃത്വം മുഴുവൻ എന്നെ സ്നേഹിച്ചല്ലോ തൃത്വം മുഴുവൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ ഇതൊന്നും എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യമാണ് ഇത് തീർച്ചയായിട്ടും ദൈവത്തിന് മാത്രമേ ഈ നിലയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൂ എങ്കിലും അവിടുത്തെ ആ നിലയിലുള്ള തെരഞ്ഞെടുപ്പിനു മുമ്പിൽ ആ ദിവ്യമായ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവ സന്നിധിയിൽ ദൈവത്തോട് കടപ്പാടുള്ളവരായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ടും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്